നിങ്ങളുടെ മാതാക്കൾ നിങ്ങളുടെ പുത്രിമാർ നിങ്ങളുടെ സഹോദരിമാർ നിങ്ങളുടെ പിതാവിന്റെ സഹോദരിമാർ നിങ്ങളുടെ മാതാവിന്റെ സഹോദരിമാർ സഹോദരപുത്രിമാർ സഹോദരിപുത്രിമാർ നിങ്ങളെ മുലയൂട്ടിയ നിങ്ങളുടെ മാതാക്കൾ മുലകുടി ബന്ധത്തിലുള്ള നിങ്ങളുടെ സഹോദരിമാർ നിങ്ങളുടെ ഭാര്യമാരുടെ മാതാക്കൾ നിങ്ങളുടെ ഭാര്യമാരിൽ നിന്ന് നിങ്ങളുടെ സംരക്ഷണയിലുള്ള നിങ്ങളുടെ വളർത്തുപുത്രിമാർ നിങ്ങൾ അവരുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്നിവർ നിങ്ങൾക്ക് നിഷിദ്ധമാണ് എന്നാൽ നിങ്ങൾ അവരുമായി ലൈംഗികബന്ധത്തിൽ ഏർപ്പെട്ടിട്ടില്ലെങ്കിൽ നിങ്ങൾക്കതിൽ തെറ്റില്ല നിങ്ങളുടെ മുതുകുകളിൽ നിന്ന് ജനിച്ച നിങ്ങളുടെ പുത്രന്മാരുടെ ഭാര്യമാരും രണ്ടു സഹോദരിമാരെ ഒരേ സമയം വിവാഹം കഴിക്കുന്നതും നിങ്ങൾക്ക് നിഷിദ്ധമാണ് മുൻപ് സംഭവിച്ചതൊഴികെ തീർച്ചയായും അള്ളാഹുസുബാനഹുവ തായ ഏറെ പുറക്കുന്നവനും കരുണാനിധിയുമാണ്